ശാസ്ത്രരചനയ്ക്ക് രണ്ടുദ്ദേശമാണുള്ളത് ഒന്ന് പൂർവീകന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് സാമാജിക വ്യവസ്ഥയും സംസ്കാരവും ഭദ്രമാക്കുക രണ്ട് ശാശ്വതമായ ശാന്തി നേടുക രാമചരിത ബൈബിൾ ഖുറാൻ തുടങ്ങിയ കൃതികൾ ഈ രണ്ടുദ്ദേശവും നിറവേറ്റുന്നുണ്ട് എന്നാൽ ഭൗതിക കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ആളുകൾ സാമൂഹിക വ്യവസ്ഥകൾ സ്വീകരിച്ച് നടപ്പാക്കാനാണ് കൂടുതൽ താൽപര്യം കാണിക്കുന്നത് ആധ്യാത്മിക കാര്യങ്ങളെ ഭൗതിക കാര്യങ്ങൾ നടത്തുന്നതിനിടയിൽ അവർ പരിഗണിക്കുന്നുവെന്ന് മാത്രം വേദവ്യാസൻ ഭൗതികവും ആധ്യാത്മികവുമായ കാര്യങ്ങൾ മഹാഭാരതത്തിലൂടെ ഒരുമിച്ച് അവതരിപ്പിച്ചു എങ്കിലും ഗീതയിൽ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രം പ്രതിപാദിക്കാൻ ശ്രദ്ധിച്ചു ഗീതയിലെ ദിവ്യ സന്ദേശങ്ങൾക്ക് ആധ്യാത്മികമായ പരിവേഷം ലഭിച്ചതിങ്ങനെയാണ് ഭൗതികമായ കാര്യങ്ങളിൽ നിർദ്ദേശം ലഭിക്കുമെന്ന് കരുതി ആരും ഗീത വായിക്കേണ്ടതില്ലെന്നർത്ഥം ഓ ശ്രീ പരമാത്മനെ നമ യഥാർത്ഥ ഗീത ശ്രീമദ്ഭഗവത്ഗീത അധ തൃതീയോ അധ്യായ ഇനി മൂന്നാം അധ്യായം രണ്ടാം അധ്യായത്തിൽ യുദ്ധം ചെയ്യാനുള്ള ജ്ഞാനമാർഗവിഷയകമായ ബുദ്ധി ഉപദേശിച്ചു ജയിച്ചാൽ പരമോന്നതപദം കിട്ടും തോറ്റാൽ ദേവത്വവും രണ്ടായാലും ഉണ്ടാകൂ പിന്നീട് കർമ്മബന്ധനം ഇല്ലാതാക്കുന്ന നിഷ്കാമകർമ്മയോഗം ഉപദേശിച്ചു കാമനകളെല്ലാം വെടിഞ്ഞ് ശ്രദ്ധയോടെ കർമ്മം ചെയ്യുകയാണതിന്റെ സ്വഭാവം അർജുനന് നിഷ്കാമകർമ്മത്തേക്കാൾ സരളമാണ് ജ്ഞാനയോഗമെന്ന് തോന്നി അദ്ദേഹം ചോദിച്ചു ജനാർദ്ദന ജ്ഞാനമാർഗം ശ്രേഷ്ഠമെങ്കിൽ ഭയങ്കരമായ കർമ്മമാർഗത്തിൽ എന്നെ നിയോഗിക്കുന്നതെന്തിന് സംശയം സ്വാഭാവികം ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ട് വഴികൾ ഉണ്ടെങ്കിൽ അതിൽ എളുപ്പവഴി ഏത് യാത്രക്കാരനും അന്വേഷിക്കുന്നതാകുന്നു അതുകൊണ്ട് അർജുനൻ ഇങ്ങനെ ചോദിച്ചു അർജുന വാച്ച ർദ്ദന ജനങ്ങളോട് ദയ കാട്ടുന്ന ജനാർദ്ദന അങ്ങയുടെ ദൃഷ്ടിയിൽ നിഷ്കാമ കർമ്മയോഗത്തെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനയോഗമാണെങ്കിൽ വിഷമകരമായ കർമ്മയോഗത്തിലേക്ക് എന്നെ എന്തിനു നയിക്കുന്നു കർമ്മയോഗം വിഷമകരമായി തോന്നിയത് അത് ഫലാപേക്ഷ കൂടാതെയും അശ്രദ്ധ ഒഴിവാക്കിയതും സമർപ്പണ മനോഭാവത്തോടെയും യോഗദൃഷ്ടിക്ക് കോട്ടം തട്ടാതെയും അനുഷ്ഠിക്കണമെന്നതിനാലാണ് ജ്ഞാനയോഗമാണെങ്കിൽ തോറ്റാലും ജയിച്ചാലും നേട്ടമുള്ളതും സ്വശക്തിയും ഇച്ഛയുമനുസരിച്ച് ചെയ്യാവുന്നതുമാണ് ഇതാണ് ജ്ഞാനയോഗത്തെ സരളമാക്കിയ പ്രത്യേകതകൾ അതുകൊണ്ട് അർജുനൻ ഇങ്ങനെ നിവേദനം നടത്തി വ്യാമിശ്രേണേവവാക്യന ബുദ്ധിം അങ്ങ് കുഴഞ്ഞു മറിഞ്ഞ അവ്യക്തമായ വാക്യങ്ങളാൽ എന്റെ ബുദ്ധിയെ സമ്മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു എന്റെ ബുദ്ധിയുടെ മങ്ങൽ മാറ്റണമെന്നല്ലേ അങ്ങ് വിചാരിക്കുന്നത് അതുകൊണ്ട് മോക്ഷത്തിനുള്ള ഒരു വഴി ഇവയിൽ നിന്ന് നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു ീകൃഷ്ണൻ അപ്പോൾ ഇങ്ങനെ ഇതിന് മറുപടി പറഞ്ഞു ശ്രീ ഭഗവാൻ വാച ലോകേസ്വിധാ നിഷ പുരാക്ത ജാനോകാഖ്യന കർമ്മയോഗേന യോഗിന പുണ്യവാനായ അർജുന ഈ ലോകത്ത് സത്യാന്വേഷണത്തിനുള്ള രണ്ട് മാർഗങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ മാത്രം ആചരിക്കാനായിരുന്നില്ല ഇപ്പോഴും എപ്പോഴും ആചരിക്കാനാണിവ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇവയെപ്പറ്റി രണ്ടാമധ്യായത്തിൽ വിവരിച്ചു കഴിഞ്ഞല്ലോ ജ്ഞാനികൾക്ക് ജ്ഞാനമാർഗവും യോഗികൾക്ക് നിഷ്കാമ കർമ്മ മാർഗവും കൂടുതൽ അനുയോജ്യമാണ് എന്നാൽ രണ്ടു മാർഗത്തിലും കർമ്മം അനിവാര്യം തന്നെ നമ്മണാമനാരംഭാ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണു അർജുന കർമ്മമൊന്നും ആരംഭിക്കാത്തതുകൊണ്ട് നിഷ്കർമ്മതയുടെ ഫലം കിട്ടുകയില്ല ആരംഭിച്ച കർമ്മങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടും ഭഗവത് പ്രാപ്തിയാകുന്ന പരമസിദ്ധി ലഭിക്കുന്നില്ല ജ്ഞാനമാർഗമോ നിഷ്കാമകർമ്മയോഗമോ സ്വീകരിച്ചാലും കർമ്മം ചെയ്യുക തന്നെ വേണം സാധാരണയായി സാധകന്മാർ ഭഗവത് പദത്തിലെത്താനുള്ള സുരക്ഷിതമായ എളുപ്പമാർഗമാണ് അന്വേഷിക്കുക കർമ്മം ആരംഭിച്ചില്ലെങ്കിൽ നിഷ്കർമ്മിയാകാം എന്നത് തെറ്റിദ്ധാരണയാണ് എന്ന് ശ്രീകൃഷ്ണൻ ഊന്നിപ്പറഞ്ഞു ശുഭാശുഭകർമ്മങ്ങളുടെ പരിണാമവേളയിൽ ഉണ്ടാകേണ്ട പരമനിഷ്കർമാവസ്ഥ കർമ്മങ്ങൾ ചെയ്തു തന്നെ നേടിയെടുക്കേണ്ടതാണ് ഞാൻ ജ്ഞാനമാർഗിയാണ് അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ട കാര്യമില്ല എന്ന് കരുതി ഒന്നും ചെയ്യാതെ കഴിയുന്ന ആൾ ജ്ഞാനിയേ അല്ല ചെയ്യാൻ തുടങ്ങിയ കർമ്മം ഇടയ്ക്ക് നിർത്തിവച്ചാൽ ഭഗവത് സാക്ഷാത്കാരമാകുന്ന പരമസിദ്ധി ഉണ്ടാവുകയില്ല എന്തെന്നാൽ ർക്കും ഒരു കാലത്തും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ കഴിയാനാവില്ല എന്തെന്നാൽ എല്ലാവരും പ്രകൃതി സിദ്ധമായ ഗുണങ്ങളാൽ വിവശരായി എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടുതന്നെയിരിക്കുന്നു പ്രകൃതിയും പ്രകൃതിയിൽ ഗുണങ്ങളും ഉള്ളിടത്തോളം കാലം കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാനാവില്ല നാലാം അധ്യായത്തിൽ മുപ്പത്തിമൂന്നാം പദ്യത്തിലും മുപ്പത്തിയേഴാം പദ്യത്തിലും ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ ചെന്ന് അവസാനിക്കുന്നു ജ്ഞാനാജ്നി കർമ്മങ്ങളെ മുഴുവൻ ഭസ്മമാക്കുന്നു ഇവിടെ പറയുന്നത് കർമ്മം ചെയ്യാതെ ആർക്കും കഴിയാനാവില്ലെന്നാണ് ആ മഹാപുരുഷന്റെ നിഗമനം ഇതാണ് യജ്ഞം ചെയ്ത് ചെയ്ത് ത്രിഗുണങ്ങൾക്കപ്പുറത്തെത്തുമ്പോൾ മനോനാശവും ചിദ്രൂപ സാക്ഷാത്കാരവും ഉണ്ടാകുന്നു യജ്ഞത്തിന് പരിണാമമുണ്ടാകുമ്പോൾ കർമ്മങ്ങളും അവസാനിക്കുന്നു നിർധാരിതമായ ക്രിയകൾ പൂർണ്ണതയിലെത്താതെ കർമ്മത്തിന് വിലയം സംഭവിക്കുകയില്ല പ്രകൃതി വിട്ടുപോവുകയുമില്ല കർമ്മേന്ദ്രിയമരം മിഥ്യ മൂഢാത്മാക്കൾ കർമ്മേന്ദ്രിയങ്ങളെ ബലാൽക്കാരമായി നിരോധിച്ച് മനസ്സിൽ വിഷയചിന്തകൾ വെച്ചു പുലർത്തുന്നു അവർ ജ്ഞാനികളല്ല പാഗണ്ഠികളാണ് കൃഷ്ണന്റെ കാലത്ത് ഇത്തരം ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇന്ദ്രിയങ്ങളെ മനപൂർവ്വം തടഞ്ഞ് ചിലർ ഞാൻ ജ്ഞാനിയാണ് പൂർണനാണ് എന്നെല്ലാം അവകാശപ്പെട്ട് ജീവിതം നയിച്ചിരുന്നു അവരെ കൃഷ്ണൻ ദൂർത്തരെന്നാണ് വിളിക്കുന്നത് ജ്ഞാനമാർഗമോ നിഷ്കാമ കർമ്മമാർഗമോ സ്വീകരിച്ചാലും കർമ്മം ആർക്കും ഒഴിവാക്കാനാവില്ല യസ്ത സവിശിഷ്യത്തെ അർജുന വാസനകൾ സ്ഫുരിക്കാത്ത മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അനാസക്തനായി കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മയോഗം ആചരിക്കുന്ന ആൾ ശ്രേഷ്ഠനത്രേ ഇനി എന്ത് കർമ്മമാണ് ആചരിക്കേണ്ടത് എന്ന പ്രശ്നത്തിലേക്ക് കടക്കുന്നുരീരയാത്ര അർജുന നീ ചെയ്യാൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ നിരവധിയാണ് അവയിൽ നിന്ന് വേണ്ടത് മാത്രം തെരഞ്ഞെടുത്ത് ചെയ്തു തീർക്കുക എന്നർത്ഥം കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ചെയ്യുക തന്നെയാണ് നല്ലത് ചെയ്യേണ്ട നിയതകർമ്മങ്ങൾ ഭംഗിയായി അനുഷ്ഠിച്ചാൽ ജനന മരണ ഭയത്തിൽ നിന്ന് തന്നെ വിടുതൽ നേടാം അതിനാൽ കർമ്മം ശ്രേഷ്ഠം തന്നെ കർമ്മം ചെയ്യാതിരുന്നാൽ ശരീരയാത്ര ശരീരം പുലർത്താൻ പോലും നടക്കാതെയാവും എങ്ങനെയുള്ള ശരീരം പുലർത്തൽ എന്ത് നിങ്ങൾ ശരീരമാണോ മനുഷ്യർ ജന്മജന്മാന്തരങ്ങളിലൂടെ യുഗയുഗാന്തരങ്ങളിലൂടെ ശരീരയാത്ര നടത്തുകയാണ് വസ്ത്രം ജീർണമായാൽ അതുമാറി പുതിയത് ധരിക്കുന്നതുപോലെ കൃമികീട പക്ഷികൾ മുതൽ മനുഷ്യൻ വരെ ശരീരങ്ങൾ മാറി മാറി ബ്രഹ്മാവ് മുതൽ പ്രപഞ്ചം വരെയുള്ള എല്ലാം മാറ്റത്തിന് വിധേയമാണ് ഉത്തമവും അധമവുമായ യോനികളിലൂടെ പിറവിയെടുക്കുന്ന എല്ലാ ജീവികളും ശരീരത്തിലൂടെയാണ് യാത്ര തുടരുന്നത് കർമ്മം ഈ യാത്രയെ സുഗമമാക്കുന്നു ജന്മമെടുത്താൽ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ആദ്യത്തെ ശരീരം വിട്ടാൽ രണ്ടാമത്തെ ശരീരത്തിലൂടെ പതികൻ യാത്ര തുടരും ലക്ഷ്യത്തിലെത്തിയാൽ പരമാത്മപദത്തിലെത്തിയാൽ ആത്മാവിന് പിന്നെ ശരീരയാത്ര നടത്തേണ്ട കാര്യമില്ല ശരീരം ഉപേക്ഷിക്കുകയും ധരിക്കുകയും ചെയ്യുന്ന പരിപാടി സമാപ്തമായി എന്നർത്ഥം മോക്ഷ്യസെ ശുഭാത് നാല് പതിനാറ് അർജുന കർമ്മം ചെയ്ത് നീ സംസാരബന്ധനമാകുന്ന അശുഭത്തിൽ നിന്ന് മോചനം നേടും ആ നിർദ്ധാരിതമായ കർമ്മത്തെപ്പറ്റി തുടർന്ന് പറയുന്നു തർമ്മ മു അർജുന യജ്ഞത്തിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് കർമ്മം യജ്ഞം പൂർണമാക്കാനുള്ള പ്രയാസകരമായ കർമ്മ പരിപാടിയാണത് ഈ നിശ്ചിതമായ പ്രക്രിയയ്ക്കപ്പുറത്തുള്ളത് കർമ്മമല്ലേ ഈ പ്രശ്നത്തിന് അല്ല എന്നാണ് ശ്രീകൃഷ്ണന്റെ മറുപടി അന്യത്ര ലോകോയം കർമ്മബന്ധന ഈ യജ്ഞപ്രക്രിയയ്ക്കപ്പുറത്ത് ആളുകൾ രാപകൾ ചെയ്തുകൂട്ടുന്ന കാര്യങ്ങൾ കർമ്മത്തിന്റെ പരിധിയിൽപ്പെടുകയില്ല അവ തത്കർത്താക്കൾക്ക് ബന്ധനങ്ങളായി പരിണമിക്കുന്നു അതുകൊണ്ട് അല്ലയോ അർജുന യജ്ഞം ഭംഗിയായി മുഴിമിപ്പിക്കാൻ വേണ്ടി സംഘദോഷമില്ലാത്ത സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇപ്പോൾ നമുക്ക് മനസ്സിലായി യജ്ഞത്തിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് കർമ്മമെന്ന് ഇപ്പോൾ ഒരു പുതിയ പ്രശ്നം ആവിർഭവിച്ചിരിക്കുന്നു എന്താണ് ഈ യജ്ഞമെന്ന് പറയുന്നത് ഇക്കാര്യം നാലാം അധ്യായത്തിലാണ് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുന്നത് ചിത്രീകരിക്കാൻ പോകുന്ന വസ്തുവിന്റെ സവിശേഷതകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആദ്യം വ്യക്തമാക്കി ആളുകളുടെ ശ്രദ്ധയെ ഉണർത്തിവിട്ട ശേഷം അതിന്റെ മുഖ്യ സിദ്ധാന്തങ്ങൾ അനാവരണം ചെയ്യുക എന്നതാണ് യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ ആഖ്യാന കർമ്മം നിർധാരിതമായ ഒരു ക്രിയയാണെന്നും തോന്നിയതുപോലെ ചെയ്യുന്നതൊന്നും കർമ്മമല്ലെന്നും ഊന്നിപ്പറഞ്ഞ് അദ്ദേഹം കർമ്മത്തിന്റെ രണ്ടാം പടിയിലേക്ക് കടക്കുകയാണിവിടെ ചെയ്തത് രണ്ടാം അധ്യായത്തിൽ ആദ്യമായി കർമ്മം എന്ന പേര് ഉന്നയിച്ചിട്ട് അതിൻ്റെ സവിശേഷതകളെപ്പറ്റി പ്രതിപാദിച്ചു ഈ മൂന്നാം അധ്യായത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് മനസ്സിൽ വിഷയ വെച്ചു പുലർത്തുന്നവർ മിഥ്യാചാരന്മാരാണെന്നും ഇന്ദ്രിയങ്ങളോടൊപ്പം മനസ്സും നിയന്ത്രിച്ച് കർമ്മേന്ദ്രിയം കൊണ്ട് നിഷ്കാമകർമ്മം ചെയ്യുകയാണ് ഉത്തമമെന്നും പ്രസ്താവിച്ചു പിന്നീട് യജ്ഞം അതായത് നിർദ്ധാരിത കർമ്മം ചെയ്യാൻ ഉപദേശിച്ചു യജ്ഞത്തിനു കാര്യരൂപം നൽകുകയാണ് ശരിയായ കർമ്മം യജ്ഞത്തിന്റെ ഉൽപ്പത്തിയെയും സവിശേഷതയെയും പറ്റി ഇവിടെ പ്രസ്താവിക്കുന്നു നാലാം അധ്യായത്തിൽ യജ്ഞത്തിന്റെ ഉജ്ജ്വല രൂപം വ്യക്തമാക്കപ്പെടുന്നുണ്ട് കർമ്മത്തിന്റെ നിർവചനം ഗീത മനസ്സിലാക്കാനുള്ള ഒരു താക്കോലാണ് യജ്ഞത്തിന്റെ പരിധിക്കപ്പുറത്തും ആളുകൾ പലതരം ജോലികളിൽ മുഴുകിക്കഴിയുന്നുണ്ട് കൃഷി വ്യാപാരം തുടങ്ങിയ ജോലികളിൽ ചിലർ അടിമപ്പണി ചെയ്യുന്നു ചിലർ സേവകവൃത്തിയിൽ കഴിയുന്നു ചിലർ ബുദ്ധിജീവികൾ മറ്റു ചിലർ ശ്രമജീവികൾ ചിലർ സമാജസേവയെ കർമ്മമെന്ന് കരുതുന്നു മറ്റു ചിലർ ദേശസേവയെയും ഇവർ സകാമന്മാരും നിഷ്കാമന്മാരുമായി ഇങ്ങനെ പലതരം കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാൽ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഇവകൾ അല്ല ഇവയെല്ലാം ബന്ധനകാരികളാണ് മോചനകാരികൾ യജ്ഞരൂപത്തിലുള്ള കർമ്മങ്ങൾ മാത്രം യജ്ഞത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി ഇനി പ്രസ്താവിക്കുന്നു സഹയഗ്യാ പ്രോവാച പ്രജാപതി അനേന പ്രസവിഷ്യധം സ്ത്ഷ്ട്രജാപതിയായ ബ്രഹ്മാവ് കൽപ്പാരംഭത്തിൽ യജ്ഞത്തോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചിട്ട് യജ്ഞത്തിലൂടെ ഐശ്വര്യ സമൃദ്ധികൾ നേടുക എന്നുപദേശിച്ചു ഈ യജ്ഞം നിങ്ങൾക്ക് അഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യുകയും അനിഷ്ടവും വിനാശവും ഒഴിവാക്കുകയും കാമനകൾ നിറവേറ്റുകയും ചെയ്യുമെന്ന് അറിയിച്ചു ആരാണി ബ്രഹ്മാവ് നാല് മുഖവും എട്ട് കണ്ണുകളുമുള്ള ഒരു ദേവനാണോ അല്ലെന്നാണ് ശ്രീകൃഷ്ണന്റെ അഭിപ്രായം അപ്പോൾ ആരാണി പ്രജാപതി പ്രജകളുടെ മൂലസ്രോതസ് എവിടെ നിന്നൊഴുകിയിറങ്ങിയോ ആ സനാതന ശക്തികേന്ദ്രം അഥവാ ആ ശക്തികേന്ദ്രത്തിന്റെ പ്രതീകമായ ഒരു മഹാപുരുഷൻ വാസ്തവത്തിൽ ബുദ്ധി തന്നെയാണ് ബ്രഹ്മാവ് അഹങ്കാരം ശിവനും മനസ്സ് ചന്ദ്രനും ചിത്തം മഹത്വുമാണെന്ന് തുളസി രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൃഷ്ടിവേളയിൽ ബുദ്ധിക്ക് ഒരു യന്ത്രത്തിന്റെ സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ പ്രജാപതിയുടെ ശബ്ദത്തിൽ പരമാത്മാവ് തന്നെയാണ് സംസാരിച്ചിരുന്നത് ഈശ്വര എന്ന പ്രക്രിയ തുടരുമ്പോൾ ബുദ്ധിക്ക് ഉത്തരോത്തരം ഉന്മേഷവും ഉണർവും ഉണ്ടായിക്കൊണ്ടിരിക്കും തുടക്കത്തിൽ ആ ബുദ്ധി ബ്രഹ്മവിദ്യയുമായി ചേർന്നിരിക്കുന്നതിനാൽ ബ്രഹ്മവിത്ത് എന്ന് പറയപ്പെടുന്നു അനുക്രമം വികാരങ്ങൾക്ക് ശമനമുണ്ടാകുമ്പോൾ ബ്രഹ്മവിദ്യ മുഴുവൻ ഉൾക്കൊണ്ടു കഴിയുമ്പോൾ ബ്രഹ്മവിദ്വരൻ എന്നും പറയപ്പെടുന്നു ഉണർവും സൂക്ഷ്മതയും ഉണ്ടാകുമ്പോൾ ബുദ്ധി വികസിതമായിത്തീരുന്നു അപ്പോൾ വിദ്വിരീയൻ എന്ന വാക്കും ക്രമേണ അദ്ദേഹം മറ്റുള്ളവരുടെ ഉത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അർഹതയും നേടുന്നു ബുദ്ധിയുടെ പരമകാഷ്ടയാണത് പരമാത്മാവ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥയിൽ പുരുഷൻ ബ്രഹ്മവിധുവരിഷ്ഠൻ ആയിത്തീരുന്നു ബുദ്ധിയന്ത്രം പ്രവർത്തിപ്പിക്കുന്ന ഇത്തരം മഹാപുരുഷന്മാരും പ്രജാപതി എന്ന പേരിന് അർഹരാണ് അവർ പ്രകൃതിയിലെ ദ്വന്ദ്ങ്ങളെ വിശ്ലേഷണം ചെയ്ത് സാധനാക്രിയകൾ രൂപീകരിക്കുന്നു മുമ്പ് സമാജം അവ്യവസ്ഥിതവുമായിരുന്നു സൃഷ്ടി അനാദിയാണ് സംസ്കാരവും പണ്ടേ ഉണ്ടായിരുന്നു എന്നാൽ അതിന് ചിട്ടയും ക്രമവുമില്ലാതെയായി എന്ന് മാത്രം അതിനെ സുവിസ്തിരമാക്കി യജ്ഞത്തിന് അനുരൂപമാക്കുകയാണ് മഹാപുരുഷന്മാർ ഇത്തരം മഹാപുരുഷന്മാർ കൽപ്പത്തിൻ്റെ ആദിയിൽ യജ്ഞത്തോടുകൂടിയുള്ള പ്രജകളെ തയ്യാറാക്കി കൽപ്പം രോഗം മാറ്റുന്നു വൈദ്യന്മാർ കൽപ്പത്തിന്റെ പരിഷ്കർത്താക്കളാണ് ചിലർ കായകൽപ്പചികിത്സ നടത്തുന്നു ഇത് ക്ഷണികമായ ശരീരത്തിനുള്ളതാണ് വാസ്തവികമായ കൽപ്പം സംസാരമാകുന്ന രോഗത്തെ മാറ്റാനുള്ളതാണ് ആരാധനയുടെ ആരംഭം ഈ കൽപ്പത്തിന്റെ തുടക്കമാണ് ആരാധന പൂർണ്ണമായാൽ നിങ്ങളുടെ കൽപ്പവും പൂർണ്ണമാകും ഇപ്രകാരം പരമാത്മ സ്വരൂപത്തിൽ സ്ഥിതരായ മഹാപുരുഷന്മാർ ഭജനത്തിന്റെ ആരംഭത്തിൽ യജ്ഞസഹിതമായ സംസ്കാരങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കിക്കൊണ്ട് യജ്ഞത്തിലൂടെ ഐശ്വര്യ സമൃദ്ധി നേടാൻ ആഹ്വാനം നടത്തി എങ്ങനെയുള്ള ഐശ്വര്യസമൃദ്ധി പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കണമെന്നോ കൂടുതൽ പണം സമ്പാദിക്കണമെന്നോ ആണോ അല്ല യജ്ഞം ഇഷ്ടകാമധുക് ആത്മാവിനെ സംബന്ധിച്ച കാമനകൾ പൂർത്തിയാക്കുക എന്ന ഐശ്വര്യ സമൃദ്ധിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു സംശയമുണ്ടാവുക സ്വാഭാവികമാണ് നേരിട്ട് പരമാത്മപ്രാപ്തി ഉണ്ടാക്കുമോ അതോ ക്രമേണ ഉണ്ടാക്കുമോ തേ ഈ യജ്ഞത്തിലൂടെ ദേവതകളുടെ ഉന്നതി അതായത് ദൈവീസമ്പത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുക അങ്ങനെ ചെയ്താൽ ആ ദേവതകൾ നിങ്ങൾക്ക് ഐശ്വര്യ സമൃദ്ധിയുണ്ടാക്കും ഇപ്രകാരം പരസ്പരം ഐശ്വര്യ സമൃദ്ധി ഉണ്ടാക്കിക്കൊണ്ട് നേടുക പരമശ്രേയസ് നേടിയാൽ പിന്നെ ഒന്നും നേടാനുണ്ടാവില്ല യജ്ഞത്തിൽ പ്രവേശിക്കുന്നവരുടെ ഉള്ളിൽ ദൈവീക സമ്പത്ത് വന്ന് നിറഞ്ഞു തുടങ്ങും പരമാത്മാവിൽ പ്രവേശം ലഭിക്കാൻ സഹായകമായ അന്ധക്കരണത്തിന്റെ സജാതീയ ശക്തിയാണ് ദൈവീക സമ്പത്ത് അത് നമ്മെ ഈശ്വരത്വത്തിലേക്ക് നയിക്കുന്നു കല്ല് വെള്ളം തുടങ്ങിയ ബാഹ്യദേവതകൾക്ക് അതിനുള്ള കഴിവില്ല യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ പറയുന്നത് ഈ ദേവതകൾക്ക് അത്യുത്വം തന്നെ ഇല്ലെന്നാണ് ഭാവാ ദൈർദ്രദ്യോ യോഗസ്ത യജ്ഞത്തിലൂടെ വളർത്തിയ ദേവത അതായത് ദൈവീകസമ്പത്ത് നിങ്ങൾക്ക് പരമാത്മാവുമായി ബന്ധപ്പെട്ട ദിവ്യസുഖങ്ങൾ നൽകും അത് നേടാൻ വേറെ മാർഗമില്ല ഈ ദൈവിക ഗുണങ്ങളെ വളർത്താതെ ഭോഗങ്ങൾ അനുഭവിക്കുന്നവർ കള്ളന്മാരാണ് ഐശ്വര്യം കിട്ടുക തന്നെയില്ലെങ്കിൽ പിന്നെ അനുഭവിക്കുന്നതെങ്ങനെ എങ്കിലും തങ്ങൾ പൂർണ്ണരാണ് തത്വദർശികളാണ് എന്നെല്ലാം പൊങ്ങച്ചം പറയുന്നതിന് യാതൊരു കുറവുമില്ല അതുകൊണ്ടാണ് കള്ളന്മാരാണെന്ന് പറയുന്നത് ഇനി ദൈവീക സമ്പത്ത് നേടുന്നവരെ പറ്റി പറയുന്നു യജ്ഞശിഷ്ടിൽ യജ്ഞം കഴിഞ്ഞ് അവശേഷിക്കുന്ന അന്നം ഭക്ഷിക്കുന്ന സജ്ജനങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു ദൈവിക സമ്പത്ത് വളർന്ന് വളർന്ന് ഒടുവിൽ ഫലപ്രാപ്തിയിലെത്തുന്നു യജ്ഞം പൂർണ്ണമാകുമ്പോൾ ലബ്ധമാകുന്ന ഭ്രഹ്മം അന്നമാണ് ഇക്കാര്യം ഭംഗ്യന്തരേണെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് യജ്ഞശിഷ്ടാമൃതഭുജോ യാതി ബ്രഹ്മാസനാതനം ബ്രഹ്മം സൃഷ്ടിക്കുന്ന അമൃതതുല്യമായ അന്നം കഴിക്കുന്നവർ സനാതനമായ പ്രവേശിക്കുന്നു ആ അന്നം സർവപാപഹരമാണ് ഇത് പുണ്യവാൻമാരുടെ കാര്യം പാപികൾ മോഹജന്യമായ ശരീരത്തിനു വേണ്ടി മാത്രമാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് അവർ പാപത്തെയാണ് ഭക്ഷിക്കുന്നത് ഭജനയും ആരാധനയുമെല്ലാം നടത്തിയെങ്കിലും ശരീരക്ഷേമമായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കേണ്ടി നശ്വരമായ ശരീരത്തിന് വേണ്ടി ചെയ്ത കർമ്മങ്ങളുടെ ഫലമായുണ്ടായ സുഖഭോഗം എത്രകാലം നിലനിൽക്കാനാണ് ആരാധന നടത്തിയെങ്കിലും അനുഭവിക്കേണ്ടി പാപമാണ് പലടി സുധാദേ സഠവിഷലേഹീം ശൻ അമൃതിന് പകരം വിഷം കുടിക്കുന്നു ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം നഷ്ടമാവുന്നില്ല എങ്കിലും സാധകന് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല അതിനാൽ ശ്രീകൃഷ്ണൻ നിഷ്കാമമായി കർമ്മം ചെയ്യാൻ ആവശ്യപ്പെട്ടു പരമശ്രേയസ്സിന് കാരണമായ യജ്ഞം മഹാപുരുഷന്മാരിലൂടെ അറിഞ്ഞ് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ട് പ്രജകളുടെ ഉൽപ്പത്തിയെപ്പറ്റി ശ്രീകൃഷ്ണൻ പ്രതിപാദിക്കുന്നു അന്നാദ്ഭവന്തി ഭൂതാമി പർജന്യാദന്ന സംഭവ യാദ് പജന്യോ യസുഭവ്രഹോദ്ഭവം വിധി ബ്രഹ്മാക്ഷരസുദ്ഭവം തസ്വതം ബ്രഹ്മ എല്ലാ ജീവികളും അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അന്നം ബ്രഹ്മേത്തി വ്യജാനത്ത് ത്രൈത്രേയം രണ്ട് അന്നം പരമാത്മാവ് ആ ബ്രഹ്മപീയൂഷത്തെ ലക്ഷ്യമാക്കിയാണ് ആളുകൾ യജ്ഞത്തിൽ തൽപരരാകുന്നത് അന്നം ഉണ്ടാവുന്നത് മഴയിൽ നിന്നാണ് മേഘങ്ങളിൽ നിന്ന് പൊഴിയുന്ന വൃഷ്ടിയല്ല കൃപാവൃഷ്ടിയാണ് ഇവിടെ വിവക്ഷിതം മുമ്പ് സഞ്ചയിച്ച യജ്ഞകർമ്മമാണ് ഇവിടെ കൃപാവൃഷ്ടിയായി പെയ്യുന്നത് ഇന്ന് നടത്തുന്ന യജ്ഞകർമ്മങ്ങളാണ് നാളെ കൃപയുടെ രൂപത്തിൽ ലഭിക്കുന്നത് അതുകൊണ്ടാണ് വൃഷ്ടി യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്നത് സ്വാഹ പറയുകയും തീയിൽ എണ്ണയും നെയ്യും ഒഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മഴ പെയ്യുമായിരുന്നെങ്കിൽ ലോകത്തിലെ മരുഭൂമികൾ ഇങ്ങനെ ഊഷരമായി കിടക്കുമായിരുന്നു കൃപാവൃഷ്ടിയാണ് യജ്ഞത്തിന്റെ സംഭാവന ഈ യജ്ഞം കർമ്മങ്ങളിൽ നിന്നുണ്ടാവുന്നു കൊണ്ട് പൂർണ്ണമാവുകയും ചെയ്യുന്നു ആ കർമ്മം വേദത്തിൽ നിന്നുണ്ടായതാണെന്നറിയുക വേദം ബ്രഹ്മനിഷ്ഠരായ മഹാപുരുഷന്മാരുടെ വാക്കുകളാണ് വേദം കുറെ ശ്ലോകങ്ങളുടെ സമാഹാരമല്ല അറിയാൻ കഴിയാത്ത തത്വങ്ങളുടെ നേരിട്ടുള്ള അനുഭൂതിയാണത് വേദം അവിനാശിയായ പരമാത്മാവിൽ നിന്നുഭവിച്ചതാണെന്നറിയുക അപ്പോൾ മഹാപുരുഷന്മാരുടെ വാക്കുകളാണ് വേദമെന്ന് പറഞ്ഞതോ രണ്ടും ശരി തന്നെ ആ മഹാപുരുഷന്മാർ പരമാത്മാവുമായി താതാത്മ്യം പ്രാപിച്ചവരാണ് അവരിലൂടെ സംസാരിച്ചത് പരമാത്മാവ് തന്നെ അതുകൊണ്ടാണ് വേദം അപപുരുഷേയമെന്ന് പറയുന്നത് യജ്ഞത്തിലൂടെ മനോനിരോധനം സാധ്യമാകുമ്പോഴാണ് പരമാത്മാവ് വിദിതനാകുന്നത് സർവവ്യാപിയും അക്ഷര പരമാത്മാവ് സദാ യജ്ഞത്തിൽ പ്രതിഷ്ഠിതനാണ് പരമാത്മാവിനെ നേടാനുള്ള ഒരേയൊരു ഉപായമാണ് യജ്ഞം ഈ ആശയത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് വീണ്ടും പറയുന്നു പ്രവർത്തിതം ചക്രം നാനുവർത്തയ അഘായുരിന്ദ്രിയാമോ ഹേ പാർത്ത ഈ ലോകത്ത് മനുഷ്യശരീരം ലഭിച്ചിട്ടും ദൈവീക സമ്പത്തിന്റെ വൃദ്ധിയിലൂടെയും പരമാത്മഭക്തിയിലൂടെയും പരസ്പരക്ഷേമപ്രവൃത്തിയിലൂടെയും പരമാത്മപദമെന്ന അക്ഷയലക്ഷ്യം നേടാനുള്ള സാധനാക്രമത്തെ അനുസരിക്കാതെ യാതൊരാൾ കഴിയുന്നവോ അയാൾ ഇന്ദ്രിയങ്ങളിലൂടെ ആനന്ദമനുഭവിക്കാൻ ശ്രമിക്കുന്നവനും പാപിട്ടനുമായി കേവലം വ്യർത്ഥ ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത് അധ്യായം രണ്ടിൽ യോഗീശ്വരൻ കൃഷ്ണൻ കർമ്മത്തിന്റെ പേരുച്ചരിച്ചുകൊണ്ട് പറഞ്ഞു നിയതകർമ്മത്തിന്റെ ആചരണം ചെയ്യൂ എന്ന് യജ്ഞത്തിന്റെ കർമ്മം ഇതല്ലാതെ ചെയ്യുന്നതേതും കർമ്മമായാലും അതെല്ലാം ബന്ധനങ്ങളാകുന്നു അതിനാൽ നിയതകർമ്മങ്ങൾ ചെയ്ത് യജ്ഞപ്രക്രിയ പൂർത്തിയാക്കുക ശ്രീകൃഷ്ണൻ യജ്ഞത്തെ പറ്റി പറയുന്നു യജ്ഞം ബ്രഹ്മാവിൽ നിന്നും ഉദ്ഭവിച്ചു പ്രജകൾ അന്നത്തെ ഉദ്ദേശിച്ച് യജ്ഞം ചെയ്യുന്നു യജ്ഞം കർമ്മത്തിൽ നിന്നും കർമ്മം അപൌരുഷേയമായ വേദത്തിൽ നിന്നും ഉദ്ഭവിച്ചു വേദങ്ങളുടെ ദൃഷ്ടാക്കൾ മഹാപുരുഷന്മാരായ ഋഷികളാകുന്നു ഇവരുടെ പുരുഷത്വം നീങ്ങി പരമാത്മാവിൽ ലീനരായി അപ്പോൾ പരമാത്മാവ് മാത്രമായി ഇങ്ങനെ വേദം പരമാത്മാവിൽ നിന്നും ഉൽപ്പന്നമായി സർവവ്യാപി പരമാത്മൻ സർവതാ യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാകുന്നു ഈ സാധനാചക്രപ്രകാരം ജീവിക്കാത്തവർ പാപായുസുക്കളാകുന്നു ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിച്ച് ജീവിതം വ്യർത്ഥമാക്കുന്നു യജ്ഞം എന്നാൽ പ്രത്യേക വിധിവിശേഷങ്ങൾ അടങ്ങിയതാകുന്നു ഇതിൽ ക്ഷണികമായ ഇന്ദ്രിയ സുഖങ്ങൾ വിഷയമല്ല അക്ഷയസുഖമാകുന്നു വിവക്ഷിക്കുന്നത് ഇതിന് സംയമത്തോടെ സാധിക്കേണ്ട വിധിവിധാനങ്ങളാണുള്ളത് വെറും ഇന്ദ്രിയസുഖങ്ങൾ മാത്രം കാക്ഷിക്കുന്നവർ പാപായുസുക്കളാകുന്നു ഇപ്പോഴും ശ്രീകൃഷ്ണൻ യജ്ഞം എന്താണെന്ന് പറയുന്നില്ല എക്കാലവും യജ്ഞം ചെയ്തുകൊണ്ടിരിക്കണമോ ഇതേപ്പറ്റി പറയുന്നു യസ്വാത്മരതിരേവ സത്മതൃപ്തവത്മന്യവ സന്തുഷ്ട ആത്മാവിൽ തൽപരനും ആത്മാവിൽ തൃപ്തനും ആത്മാവിൽ തന്നെ ആനന്ദം കാണുന്നവരുമായ ആൾക്ക് ഈ ജീവിതത്തിൽ ഒരു കാര്യവും ഇനി ചെയ്യേണ്ടതായിട്ടില്ല ലക്ഷ്യമെത്തിയെന്നർത്ഥം അവ്യക്തവും സനാതനവും അനശ്വരവുമായ ആത്മതത്വം പ്രാപ്തമായാൽ പിന്നെ അതിനപ്പുറത്ത് എന്ത് നേടാൻ അങ്ങനെയുള്ളവർക്ക് പിന്നെ കർമ്മമോ ആരാധനയോ ആവശ്യമില്ല ആത്മാവും പരമാത്മാവും ഭിന്നമല്ല പര്യായപദങ്ങൾ മാത്രമാണവ വീണ്ടും ഈ വസ്തുത ചിത്രീകരിക്കുന്നു ആ പുരുഷന് ഈ ലോകത്ത് കർമ്മം ചെയ്ത് ഒരു നേട്ടവും നേടാനില്ല കർമ്മം ചെയ്യാത്തതുകൊണ്ട് ഒരു നഷ്ടവും വരാനുമില്ല അദ്ദേഹത്തിന് ഒരു ജീവിയോടും സ്വാർത്ഥപരമായ ഒരു ബന്ധവുമില്ല ആത്മാവ് സനാതനവും അവ്യക്തവും പരിവർത്തനമില്ലാത്തതും അക്ഷയവുമാണ് അതിനെ നേടിയാൽ അതിൽ സന്തുഷ്ടനും തൃപ്തനും വിലീനനും ആമഗ്നുമായാൽ പിന്നെ പ്രത്യേക നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും പിന്നെ ആര് ആരെ തേടാൻ എന്ത് നേടാൻ ആ പുരുഷൻ കർമ്മം ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്തെന്നാൽ വികാരം അങ്കിതമാവുന്ന ചിത്രം തന്നെ അവിടെയില്ല പരമാത്മപഥത്തിലെത്തിയ ആൾക്ക് സകല ചരാചരങ്ങളും ബാഹ്യജഗത്തും ആന്തരിക സങ്കൽപ്പങ്ങളും എല്ലാം നിരർത്ഥകമായിത്തീരുന്നു എല്ലാ അർത്ഥവും പരമാത്മാവിൽ മാത്രം ആ പരമാത്മാവിനെ ലഭിച്ചാൽ മറ്റുള്ള വസ്തുക്കൾ കൊണ്ട് എന്ത് പ്രയോജനം ോരുഷ ഈ സ്ഥിതി നേടാനായി നീ നിരന്തരം അനാസക്തനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക എന്തെന്നാൽ അനാസക്തനായി കർമ്മം ചെയ്താലേ പരമാത്മപ്രാപ്തി ഉണ്ടാകൂ ിയതമായ കർമ്മവും ചെയ്യേണ്ട കാര്യമായ കർമ്മവും ഒന്നു തന്നെ കർമ്മം ചെയ്യാൻ ശ്രീകൃഷ്ണൻ പ്രേരിപ്പിക്കുന്നു കർമ്മൈവ്സി ലോകസംഗ്രഹമേവാ ജനകൻ ഇവിടെ രാജാവായിരുന്ന ജനകനല്ല ജന്മദാതാവാണ് ജനകൻ യോഗം തന്നെ ജനകൻ യോഗമാണല്ലോ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിന് ജന്മം തരുന്നത് അഥവാ നിങ്ങളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നത് യോഗ സംയുക്തനായ ഒരു പ്രത്യേക മഹാപുരുഷനാണ് ജനകൻ ജ്ഞാനികളായ ഇത്തരം മഹാപുരുഷന്മാർ കർമ്മം കൊണ്ടുതന്നെ സിദ്ധി നേടിയിട്ടുണ്ട് യജ്ഞപ്രക്രിയയിലൂടെ പരമാത്മപദം പ്രാപിച്ചിട്ടുണ്ടെന്നർത്ഥം എന്നാൽ സിദ്ധിക്കു ശേഷവും ലോകാനുഗ്രഹത്തിന് വേണ്ടി അവർ കർമ്മനിരതരായിരുന്നു അതുകൊണ്ട് നീയും സിദ്ധനായിട്ട് ലോകനായകനാകാൻ കർമ്മം ചെയ്യുക കുറച്ചു മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞു ക്ഷ്യപ്രാപ്തിക്ക് ശേഷം കർമ്മം ചെയ്യുന്നതുകൊണ്ട് നേട്ടമൊന്നുമില്ല ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നഷ്ടവുമില്ല എന്ന് ഇപ്പോൾ പറയുന്നു അവർക്ക് ലോകക്ഷേമത്തിനു വേണ്ടി നിയതകർമ്മം അനുഷ്ഠിക്കാമെന്ന് ശ്രേഷ്ഠ േകസ്തനു വരുത്തേ ശ്രേഷ്ഠ പുരുഷന്മാർ എന്തെല്ലാം ചെയ്യുന്നവോ അതനുകരിച്ചാണ് മറ്റുള്ളവരും കർമ്മം ചെയ്യുന്നത് മഹാപുരുഷൻ എന്തിനെ പ്രമാണമാക്കുന്നുവോ അത് മറ്റുള്ളവരും ആചരിക്കുന്നു അടുത്തതായി ജനകാദിമഹാപുരുഷന്മാരെപ്പോലെ തനിക്കും കർമ്മമൊന്നും ബാക്കിയില്ലെന്ന് ശ്രീകൃഷ്ണൻ സൂചിപ്പിക്കുന്നു കത്തവ്യം ത്രിശുലോകേഷന ഹേ പാർത്ഥ എനിക്ക് മൂന്ന് ലോകങ്ങളിലും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എനിക്ക് കിട്ടേണ്ടതായ ഒരു വസ്തു ഇനി നേടാനായും അവശേഷിക്കുന്നില്ല എന്നാലും എപ്പോഴും ഞാൻ കർമ്മത്തിൽ നല്ലതുപോലെ മുഴുകിത്തന്നെയാണ് കഴിയുന്നത് जातु ം നാതുകർത്തു വർത്ത മനുഷ്യ പാർസ ഉത്സീദേയുരിമേ ലോക ചേദ ഞാൻ കർമ്മങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിക്കാതെ കഴിഞ്ഞാൽ ആളുകൾ എന്നെ അനുകരിച്ച് അലസരായി ഭ്രഷ്ടരായി കഴിയും എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ഞാൻ യജ്ഞകർമ്മത്തെ അവഗണിച്ചു കഴിയുകയാണെങ്കിൽ സാമാന്യ ജനങ്ങൾ അതിനെ മാതൃകയാക്കി കർമ്മം ചെയ്യാതെ ഭ്രഷ്ടരായി പോകും ആരാധന പൂർണ്ണമാക്കി നൈഷ്കർമ്മ്യ സിദ്ധി നേടിയ മഹാപുരുഷന്മാർ പിന്നെ കർമ്മം ചെയ്തില്ലെങ്കിൽ ഒരു കുറവുമുണ്ടാകില്ല പക്ഷേ ആരാധനാക്രമം ആരംഭിക്ക പോലും ചെയ്യാത്ത സാമാന്യ ജനങ്ങളുടെ കഥ അതാണോ അതുകൊണ്ട് ജനങ്ങൾക്ക് മാതൃക കാട്ടാനാണ് ർമ്മം ചെയ്യുന്നതെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു ശ്രീകൃഷ്ണൻ ഒരു മഹാപുരുഷനാണ് വൈകുണ്ഠത്തിൽ നിന്ന് വന്ന ഭഗവാൻ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് നേർവഴി കാട്ടാനായി തനിക്കാവശ്യമില്ലെങ്കിലും കർമ്മബദ്ധനായി കഴിയുന്ന ഒരു മഹാപുരുഷനായിട്ടാണ് ഇവിടെ അദ്ദേഹം നിലകൊള്ളുന്നത് മനസ്സ് അത്യന്തം ചഞ്ചലമാണ് അത് ീശ്വര ഭജനം ഒഴിച്ച് മറ്റെല്ലാം ആഗ്രഹിക്കുന്നു മഹാപുരുഷന്മാർ കർമ്മം ചെയ്തില്ലെങ്കിൽ അനുയായികളും കർമ്മം ചെയ്യാൻ കൂട്ടാക്കുകയില്ല മഹാപുരുഷന്മാരെന്ന് കരുതപ്പെടുന്നവർ ഈശ്വരഭജനം നടത്തുന്നുമില്ല വെറ്റിലമുറുക്കുന്നു സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടുന്നു സാധാരണക്കാരെപ്പോലെ സംസാരിക്കുന്നുവെന്നെല്ലാം ഒഴിവ് കഴിവ് പറഞ്ഞ് സാമാന്യജനങ്ങൾ കർമ്മത്തിൽ നിന്നും വിട്ടുനിൽക്കും അങ്ങനെ അധപ്പതിക്കും ആളുകൾ അധപ്പതിക്കുന്നത് തടയാനും വർണ്ണസങ്കരത്തിൽ നിന്നും രക്ഷിക്കാനും ശ്രീകൃഷ്ണൻ കർമ്മം ചെയ്യുന്നു സ്ത്രീകൾ ദുഷിച്ചാൽ വർണ്ണസങ്കരമുണ്ടാകുമെന്ന് മുൻപ് അർജുനൻ പറഞ്ഞു താൻ ആരാധന ചെയ്യാതിരുന്നാൽ ജനങ്ങൾ അതനുസരിച്ച് ഭ്രഷ്ടരായി വർണ്ണസങ്കരത്തിലേക്ക് നീങ്ങും എന്നിവിടെ ശ്രീകൃഷ്ണൻ പറയുന്നു ശ്രീകൃഷ്ണൻ വർണ്ണസങ്കരത്തിന് കാരണമാവുകയോ എന്താണ് ഈ വർണ്ണസങ്കരം ആത്മാവിന്റെ ശുദ്ധവർണമാണ് പരമാത്മപദം ആ ശാശ്വത സ്ഥാനത്തിൽ നിന്ന് തെറ്റിമാറുന്നതാണ് വർണ്ണസങ്കരം പ്രകൃതിയിൽ മുങ്ങി സ്വയം നശിക്കലാണത് സ്ത്രീകളുടെ പാതിവൃത്യവും വംശശുദ്ധിയും സാമാജിക വ്യവസ്ഥയുടെയും അധികാരത്തിന്റെയും ഭാഗമാണ് സമാജത്തിന് അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നാൽ മാതാപിതാക്കളുടെ തെറ്റുകൾക്ക് സന്താനങ്ങളുടെ സാധനകളിൽ യാതൊരു സ്വാധീനവും ചെലുത്താനാവില്ല തന്നെത്താൻ ശ്രമിച്ചാൽ അക്കര ഹനുമാൻ വ്യാസൻ വസിഷ്ഠൻ നാരദൻ ശുഗദേവൻ കബീർ ശ്രീയേഷു എന്നിവർ മഹാപുരുഷന്മാരായത് സാമാജികമായ കുലീനതയുടെ പേരിലായിരുന്നു ജീവാത്മാവ് പൂർവജന്മ സംസ്കാരവുമായിട്ടാണ് പുനർജന്മം നേടുന്നത് ശ്രീകൃഷ്ണൻ പറയുന്നു മനഹഷഷ്ടാന്താണി പ്രകൃതിസ്ഥാനി കർഷി ഗീത പതിനഞ്ച് ഏഴ് ഇന്ദ്രിയാദി മനസ്സോടും ഈ ജന്മം നേടുന്ന സംസ്കാരത്തോടും കൂടിയാണ് അടുത്ത ജന്മത്തിൽ പുതിയ ശരീരം കിട്ടുന്നത് ഇക്കാര്യത്തിൽ ജന്മദാതാക്കൾക്ക് പങ്കില്ല സ്ത്രീകൾ ദുഷിച്ചാൽ വർണ്ണസങ്കരം ഉണ്ടാവുകയില്ല സ്ത്രീകൾ ദുഷിക്കുന്നതിനും വർണ്ണസങ്കരത്തിനും തമ്മിൽ ബന്ധമില്ല പരിശുദ്ധമായ സ്വന്തം രൂപം അറിയാൻ ആഗ്രഹിക്കാതെ പ്രകൃതിയുടെ പിടിയിൽപ്പെട്ട് ശിഥിലമായി പോകുന്നതാണ് വർണ്ണസങ്കരം മഹാപുരുഷന്മാർ നിയതകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നിഷ്ക്രിയരാക്കുന്നത് അവരെ കൊല്ലുന്നതിന് തുല്യമാണ് സാധനകളിൽ ശ്രദ്ധിച്ചു കഴിയുന്നതാണ് ജീവിതം മറിച്ചുള്ളത് മരണവും മൃത്യുവിന് കാരണക്കാരാവുന്നവർ കൊലയാളികളാണ് ജീവിതത്തിലേക്ക് നയിക്കുന്നവർ അഹിംസാവാദികളും ഗീതയുടെ അഭിപ്രായത്തിൽ ശരീരത്തിന്റെ നാശം ഒരു പരിവർത്തനം മാത്രം അത് ഹിംസയല്ല യഥാർത്ഥ ഹിംസ സ്വന്തം ആത്മാവിനെ അധോഗതിക്ക് ഇരയാക്കുന്നതാണ് യംസ്ലോകസംഗ്രഹം ഹേ ഭാരത കർമ്മത്തിൽ ആസക്തരായ അജ്ഞന്മാർ കർമ്മം ചെയ്യുന്നത് പോലെ തന്നെ വിദ്വാൻമാർ അനാസക്തരായി കർമ്മം ചെയ്യണം അത് മറ്റുള്ളവർക്ക് മാതൃകയാവും ലോകക്ഷേമത്തിന് കാരണമാവുകയും ചെയ്യും യജ്ഞവിധികൾ അറിയുന്നുണ്ടെങ്കിലും അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അജ്ഞരാണ് ശരിയായ ജ്ഞാനം പരമാത്മ സാക്ഷാത്കാരമാണ് ഈശ്വരനിൽ നിന്ന് എത്ര കണ്ട് നാം അകന്നിരിക്കുന്നുവോ അത്ര കണ്ട് അജ്ഞാനികളാണ് അജ്ഞാനമുള്ളിലെടത്തോളം കാലം കർമ്മത്തിൽ ആസക്തിയും ഉണ്ടാകും കർമ്മം ചെയ്യണം കർമ്മം കൊണ്ട് പ്രയോജനമില്ലാത്തവർക്ക് ആസക്തി ഉണ്ടാവുന്നതെങ്ങനെ അങ്ങനെ പൂർണ്ണജ്ഞാനിയായ മഹാപുരുഷൻ ലോകഹിതത്തിനുവേണ്ടി കർമ്മം ചെയ്യണം അതുകൊണ്ട് ദൈവിക സമ്പത്ത് വർദ്ധിക്കും മറ്റുള്ളവർക്ക് അത് മാതൃകയാവുകയും ചെയ്യും ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ കർമ്മത്തിൽ ആസക്തിയുള്ള അജ്ഞരുടെ ബുദ്ധിക്ക് ഭ്രമമുണ്ടാക്കാൻ ജ്ഞാനികൾ ഉരുമ്പടരുത് സ്വരൂപസ്ഥരായ മഹാപുരുഷന്മാർ അവരുടെ പിന്നാലെ വരുന്നവർക്ക് അശ്രദ്ധ ഉണ്ടാക്കരുത് പരമാത്മതത്വം അറിഞ്ഞ അവർ സ്വയം നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും മറ്റുള്ളവരെക്കൊണ്ട് അനുഷ്ഠിപ്പിക്കുകയും ചെയ്യണം പൂജ്യപരമാനന്ദഗുരു വാർദ്ധക്യാവസ്ഥയിൽ രാത്രി രണ്ടു മണിക്കുണർന്ന് സിഗ്നൽ എന്ന മട്ടിൽ ഒന്ന് പ്രാവശ്യം ചുമയ്ക്കും മൂന്ന് മണിക്കും പറയും മൺപാവകളെ എഴുന്നേൽക്കൂ എന്ന് എല്ലാവരും എഴുന്നേറ്റ് ധ്യാനിക്കാൻ തുടങ്ങും പിന്നെ പരമാനന്ദഗുരു കുറേ സമയം കിടക്കും കുറേ കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റിരുന്ന് പറയും നിങ്ങൾ വിചാരിച്ചിരിക്കും ഞാൻ ഉറങ്ങുകയാണെന്ന് അങ്ങനെയല്ല ഞാൻ പ്രാണായാമം നടത്തുകയായിരുന്നു ഈ വൃദ്ധന് ഏറെ നേരം കുത്തിയിരിക്കാനാവില്ല അതുകൊണ്ട് കുറേ നേരത്തേക്ക് കിടന്ന് സാധന ചെയ്തെന്നേയുള്ളൂ എന്നാൽ നിങ്ങൾ ചെറുപ്പക്കാർ ഉറച്ചിരുന്ന് തന്നെ ധ്യാനിക്കണം ശ്വാസത്തിന്റെ ഗതിക്രമം തെറ്റാതെ തൈലധാര പോലെ പുറപ്പെടണം ആവശ്യമില്ലാത്ത ചിന്തകൾ വന്ന് വഴിമുടക്കാതെ തുടർച്ചയായി സാധന ചെയ്യണം മറ്റുള്ളവരെ കർമ്മനിരതരാക്കാൻ ആ മഹാപുരുഷൻ കർമ്മനിഷ്ഠനാകുന്ന രീതിയാണിത് പഠിപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുക എന്നത് ഇങ്ങനെയാണ് മഹാപുരുഷന്മാർ സ്വയം കർമ്മം ചെയ്തുകൊണ്ട് സാധകന്മാരെ കർമ്മനിരതരാക്കുന്നത് എന്നാൽ ജ്ഞാനയോഗിക്കോ സമർപ്പണ മനോഭാവമുള്ള താൻ വലിയ സാധകനാണെന്നുള്ള അഹംഭാവം ഉണ്ടാകാൻ പാടില്ല കർമ്മം എന്തിലൂടെയാണ് ചെയ്യുന്നതെന്ന് അടുത്തതായി വിവരിക്കുന്നു പ്രകൃതി കിയമാണി ഗുണൈ കർമാണി സർവശ അഹങ്കാരവിമൂഢാത്മാ കർത്ത തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കർമ്മങ്ങളും ഗുണങ്ങളിലൂടെയാണ് നടത്തപ്പെടുന്നത് എന്നിരുന്നാലും അഹങ്കാരം കൊണ്ട് മൌഢ്യം ബാധിച്ച മനുഷ്യൻ ഞാനാണെല്ലാം ചെയ്യുന്നത് എന്ന് അഭിമാനിക്കുന്നു സാധന ഗുണങ്ങൾ വഴിയാണ് നടത്തുന്നതെന്ന് കരുതാൻ കാരണമെന്ത് ആരാണിങ്ങനെ കരുതുന്നത് എന്നീ ചോദ്യങ്ങൾക്ക് ഇനി സമാധാനം പറയുന്നു ഹു ഗുണകർമ്മവിഭാഗയോ ഗുണാഗുണേഷ സജ്ജത്തെ അല്ലയോ മഹാബാഹുവായ അർജുന ഗുണവിഭാഗത്തിന്റെയും കർമ്മവിഭാഗത്തിന്റെയും യാഥാർത്ഥ്യം അറിഞ്ഞ ജ്ഞാനികൾ പരമതത്വമായ പരമാത്മാവിനെ മനസ്സിലാക്കിയ മഹാപുരുഷന്മാർ ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കുന്നു എന്നറിയുന്നതിനാൽ ഗുണകർമ്മങ്ങളുടെ കർമ്മത്വത്തിൽ ആസക്തരാകുന്നില്ല ഈ ശ്ലോകത്തിൽ തത്വം എന്ന വാക്കിന് പരമതത്വമായ പരമാത്മാവെന്നർത്ഥം അല്ലാതെ ആളുകൾ കരുതും പോലെ അഞ്ചോ ഇരുപത്തഞ്ചോ തത്വങ്ങൾ എന്നല്ല യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ തത്വം ഏകമാത്രമായ പരമാത്മാവാണ് മറ്റൊരു തത്വവുമില്ല ഗുണങ്ങളുടെ അപ്പുറത്തുള്ള പരമാത്മതത്വത്തിൽ എത്തിച്ചേർന്ന മഹാപുരുഷന്മാർ ഗുണങ്ങൾ അനുസരിച്ചുള്ള കർമ്മവിവചനത്തെ ശരിക്കും മനസ്സിലാക്കിയവരാണ് തമോ ഗുണം ആലസ്യം നിദ്ര പ്രമാദം കർമ്മവിമുഖത തുടങ്ങിയ സ്വഭാവത്തോടുകൂടി കഴിയുന്നു രജോഗുണമുള്ളവർ യജ്ഞാതികർമ്മങ്ങളിൽ നിന്ന് വിട്ട് പിറകോട്ട് പോകാതിരിക്കൽ ശൌര്യം യജമാന മനോഭാവത്തോടെ കർമ്മം ചെയ്യൽ എന്നീ സ്വഭാവമുള്ളവരാണ് സാത്വിക ഗുണമുള്ളവർ ധ്യാനം സമാധി അനുഭവ സമ്പത്ത് ധാരാഹിയായ ഉത്കൃഷ്ടചിന്ത സരളത എന്നീ സ്വഭാവത്തോടു കൂടിയവരാണ് ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഗുണങ്ങൾക്കനുസരണമായി കർമ്മങ്ങൾക്ക് ഉത്കർഷവും അവകർഷവും ഉണ്ടാക്കുന്നുവെന്ന വസ്തുത പ്രത്യക്ഷദർശികളായ ജ്ഞാനികൾക്കറിയാം ഗുണങ്ങൾ കാര്യങ്ങൾ ചെയ്യിക്കുന്നു ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അവർ കർമ്മത്തിൽ ആസക്തരാവുന്നില്ല എന്നാൽ ഗുണങ്ങൾക്ക് അതീതരാകാതെ മധ്യമാർഗത്തിൽ കഴിയുന്നവർ കർമ്മത്തിൽ ആസക്തരായി തന്നെ കഴിയുന്നു അതിനാൽ പ്രകൃതമൂഢു ത്രിഗുണാത്മക പ്രകൃതിയുടെ ആകർഷണ വലയത്തിൽപ്പെട്ടുകിടക്കുന്ന പുരുഷൻ തന്റെ ജീവിതാനുഭവത്തിനാൽ നിർമ്മല ഗുണങ്ങളിൽ ആസക്തരാകുന്നു പൂർണ്ണമായ ജ്ഞാനം നേടാൻ കഴിയാത്ത മന്ധന്മാരെയും പ്രയത്നം ശിഥിലമായവരെയും പൂർണ്ണജ്ഞാനം നേടിയവർ നിരുത്സാഹരാക്കാതെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്തെന്നാൽ കർമ്മം ചെയ്തു ചെയ്തു വേണം നൈഷ്കർമ്മ്യ സിദ്ധി നേടാൻ തങ്ങളുടെ ശക്തിയും സ്ഥിതിയും കർമ്മത്തിൽ മുഴുകിക്കഴിയുന്ന ജ്ഞാനമാർഗികളായ സാധകന്മാർക്ക് ഗുണങ്ങളിൽ നിന്നാണ് കർമ്മമുണ്ടാകുന്നതെന്ന് ബോധ്യമായതിനാൽ കർത്താവാണെന്നുള്ള അഹങ്കാരം ഉണ്ടാകുന്നില്ല നിർമ്മലമായ ഗുണങ്ങൾ ഉണ്ടായിട്ടുകൂടി അവർ അവയിൽ ആസക്തരല്ല നിഷ്കാമകർമ്മയോഗിക്ക് കർമ്മത്തിൻ്റെയും ഗുണങ്ങളുടെയും വിശേഷണത്തിന് സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല സമർപ്പണ മനോഭാവത്തോടെ കർമ്മം ചെയ്യണമെന്ന് മാത്രം ഏതു ഗുണങ്ങൾ വരുന്നു പോകുന്നു എന്ന് ഈശ്വരന്റെ ചുമതലയാണ് ഗുണങ്ങളുടെ പരിവർത്തനം ക്രമേണ ഉണ്ടാകുന്ന ഉത്ഥാനം എന്നിവയെ ഈശ്വരനാണ് നടത്തുന്നത് കർമ്മം ചെയ്യാനുള്ള താൽപര്യമുണ്ടാക്കുന്നതും മറ്റാരുമല്ല അതിനാൽ കർത്താവെന്ന അഭിമാനമോ ഗുണങ്ങളിൽ ആസക്തിയോ സാധകന് ഉണ്ടാകുന്നതേയില്ല യുദ്ധത്തിന്റെ സ്വരൂപത്തെപ്പറ്റി പറയുന്നു മയി സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസ നിരാശീർമ്മമോഭൂ യുദ്ധസ്വ വിഗതജ്വര അതുകൊണ്ട് അർജുന നീ അന്തരാത്മാവിൽ ചിത്രത്തെ നിരോധിച്ച് ധ്യാനസ്ഥനായി എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് ആശയോ മമതയോ സന്താപമോ ഇല്ലാതെ യുദ്ധം ചെയ്യുക ചിത്തം ധ്യാനത്തിലാണെങ്കിൽ ആശ ലവലേശം ഉണ്ടാവുകയില്ല കർമ്മത്തിൽ മമതയുണ്ടാവുകയില്ല പരാജയത്തിൽ ദുഃഖമുണ്ടാവുകയില്ല അങ്ങനെയുള്ള ഒരാൾ എന്ത് യുദ്ധമാണ് ചെയ്യുക ഹൃദയത്തെ എല്ലാ ഭാഗത്തു നിന്നും നിയന്ത്രിച്ച് ഉള്ളിൽ നിരോധിച്ചു നിർത്തുന്ന ഒരാൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ആരോടാണ് യുദ്ധം ചെയ്യുന്നത് വാസ്തവത്തിൽ നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ യുദ്ധത്തിന്റെ എല്ലാ സ്വരൂപങ്ങളും മുന്നിൽ വന്നണിനിരക്കുന്നു അപ്പോൾ കാമം ക്രോധം രാഗം ദ്വേഷം ആശ തൃഷ്ണ എന്നീ വികാരങ്ങളും കുരു എന്ന പദത്താൽ സൂചിപ്പിക്കപ്പെടുന്ന വിജാതീയ പ്രവർത്തികളും ഭയങ്കരമായ ആക്രമണം നടത്തുന്നു ഇതിനെ നേരിടുന്നതാണ് യുദ്ധം എല്ലാ വിരുദ്ധ വികാരങ്ങളെയും അന്തരാത്മാവിൽ നിയന്ത്രിച്ച് ധ്യാനങ്ങൾ ഉറച്ചു യഥാർത്ഥ യുദ്ധം ഇതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു േ മേ മതമിദം നിത്യ അനുതിഷന്തിമാനവാഹാവോ നൂയോ മുച്ച അർജുന ദോഷദൃഷ്ടിയില്ലാതെ ശ്രദ്ധയോടെ മർപ്പണ മനോഭാവത്തോടെ ഞാൻ പറഞ്ഞതനുസരിച്ച് യുദ്ധം ചെയ്യുന്നവർ സകലരും കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരാവും യോഗേശ്വരന്റെ ഈ ഉപദേശം ഏതെങ്കിലും ഒരു ഹിന്ദുവിനോ മുസ്ലീമിനോ ക്രിസ്ത്യാനിക്കോ വേണ്ടിയുള്ളതല്ല പിന്നെയോ മനുഷ്യരാശിക്കു മുഴുവൻ വേണ്ടിയുള്ളതാണ് യുദ്ധരംഗത്തുള്ളവർക്ക് നൽകുന്ന ഉപദേശമാണിതെന്ന് കരുതുന്നത് മൌഢ്യമാണ് അർജുനൻ യുദ്ധസജ്ജനായി വന്നതാണെന്നത് ശരി പക്ഷേ നിങ്ങളുടെ മുമ്പിൽ യുദ്ധമൊന്നുമില്ലല്ലോ എന്നിട്ടുമെന്തേ നിങ്ങൾ ഗീതയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് കാരണമുണ്ട് നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന യുദ്ധത്തിൽ ജയിക്കാനുള്ള ഉപായമാണിതിൽ അടങ്ങിയിരിക്കുന്നത് ഇത് അന്തർദേശീയ യുദ്ധമാണ് ക്ഷേത്രവും ക്ഷേത്രത്തിനും തമ്മിൽ വിദ്യയും അവിദ്യയും തമ്മിൽ ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും തമ്മിലുള്ള സംഘർഷമാണിത് നിങ്ങൾ ധ്യാനത്തിൽ ചിത്തത്തെ നിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ വിജാതീയ പ്രവർത്തികൾ ഇടയ്ക്ക് ഭയങ്കരമായ ആക്രമണം തുടങ്ങുന്നു ആക്രമണത്തെ ശമിപ്പിച്ച് ചിത്തനിരോധം സാധിക്കുകയാണിവിടുത്തെ യുദ്ധം ശ്രീകൃഷ്ണൻ ഉപദേശിച്ച രീതിയിൽ ഈ യുദ്ധം നടത്തുന്ന പക്ഷം ജനന രൂപത്തിലുള്ള ധനത്തിൽ നിന്നും രക്ഷ നേടാനിടയാകും ഈ യുദ്ധത്തിൽ ഏർപ്പെടാത്തവരുടെ ഗതി എന്തെന്ന് പറയുന്നു അഭ്യസൂയന്തോ നാനുതിഷന്തി മേ ദോഷേകതൃക്കുകളായ അചേതസ്സുകൾ മോഹാന്തകാരത്തിൽപ്പെട്ട അവിവേകികൾ എന്റെ അഭിപ്രായത്തെ ആദരിക്കാതെ ധ്യാനനിഷ്ഠരായി ആശയും മമതയും ദുഃഖവുമില്ലാതെ സമർപ്പണ ബുദ്ധിയോടെ യുദ്ധം ചെയ്യാൻ കൂട്ടാക്കാതെ സർവജ്ഞാന വിമൂഢരായി ജ്ഞാനമാർഗത്തിൽ മോഹിതരായി കഴിയുന്നു അവരെ ധർമ്മഭ്രഷ്ടരെന്നറിയുക ഇതാണ് സത്യമെങ്കിൽ ആളുകൾ അനുസരിക്കാത്തതെന്ത് ഇതിന് സമാധാനം പറയുന്നു സദൃശം ചേഷ്ട്രകൃാനവാനി പ്രകൃതി ഭൂത എല്ലാ ജീവികളും സ്വന്തം പ്രകൃതിക്കനുഗുണമായ സ്വഭാവത്താൽ പരവശരായി കർമ്മത്തിൽ പങ്കെടുക്കുന്നു എല്ലാം നേരിൽ കാണുന്ന ജ്ഞാനികളും സ്വപ്രകൃതിക്ക് വിധേയരായാണ് പ്രവർത്തിക്കുന്നത് ജീവികൾ കർമ്മങ്ങളിൽ വർത്തിക്കുമ്പോൾ ജ്ഞാനികൾ സ്വരൂപത്തിൽ വർത്തിക്കുന്നു പ്രകൃതിക്കനുസരണമായി ചെയ്തു പോകുന്ന പ്രവൃത്തികളെ തടഞ്ഞതുകൊണ്ട് ഫലമില്ല ചിലർ എന്റെ ഉപദേശം അനുസരിക്കാത്തതിന് കാരണമിതാണ് അവർക്ക് രാഗദ്വേഷങ്ങളെ ആശ മമത സന്താപം തുടങ്ങിയവയെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ശരിക്കും കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല ഇതിന് മറ്റൊരു കാരണം പറയുന്നു േന്ദ്രിയർ രാഗദ്വേഷോ വ്യവസ്ഥോ തയോർണവശമാകൗഹ്യ പരിപന്തി ഇന്ദ്രിയങ്ങളാൽ ഇന്ദ്രിയ ഭോഗങ്ങൾ ഉണ്ടാകുന്നു ഈ ഭോഗങ്ങളിൽ രാഗദ്വേഷങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതിനാൽ ഈ രണ്ടിൻ്റെയും അധീനത്തിൽ പെട്ടുപോകരുത് എന്തെന്നാൽ നന്മയുടെ മാർഗത്തിൽ നിന്നും കർമ്മങ്ങളെ ആട്ടിയോടിക്കുന്ന രണ്ട് പ്രബല ശത്രുക്കളത്രേ രാഗദ്വേഷങ്ങൾ ഈ ശത്രുക്കൾ യജ്ഞപ്രക്രിയകളെ അപഹരിക്കുന്നു ശത്രുക്കൾ ഉള്ളിലാണെങ്കിൽ വെളിയിലുള്ളവരോട് പടവെട്ടുന്നത് എന്തിന് ഭോഗങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് ശത്രുക്കൾ അവർ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു അതിനാൽ യുദ്ധമുണ്ടാകേണ്ടത് അന്ധക്കരണത്തിലാണ് ശരീരം ക്ഷേത്രമാണ് അവിടെ സജാദിയ വിജാദിയ പ്രവൃത്തികളുണ്ട് മായയുടെ അംഗങ്ങളായ വിദ്യയും അവിദ്യയുമുണ്ട് ഇവയെ കീഴടക്കുകയും സജാതീയ പ്രവൃത്തികളോട് ചേർന്ന് വിജാതീയ പ്രവൃത്തികളെ നശിപ്പിക്കുകയും ചെയ്യാനുള്ള യുദ്ധമാണിവിടെ നടക്കുന്നത് സ്വരൂപത്തെ മനസ്സിലാക്കി സജാതീയ പ്രവൃത്തികളെയും അതിൽ ലയിപ്പിച്ച് പ്രകൃതിയുടെ അപ്പുറം കടക്കാനുള്ള ഈ യുദ്ധം സംഭവിക്കുന്നത് ധ്യാനവേളയിലാണ് രാഗദ്വേഷങ്ങളെ ശമിപ്പിക്കാൻ കാലം ഏറെ വേണ്ടിവരും അതിനാൽ പല സാധകരും സാധനകളിൽ ശ്രദ്ധിക്കാതെ മഹാപുരുഷന്മാരായി ഭാവിക്കാൻ തുടങ്ങും ഇതിനെതിരെ താക്കീതും നൽകുന്നതാണ് അടുത്ത ശ്ലോകം ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനുഷിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭവ ഒരു സാധകൻ പത്ത് വർഷമായി സാധന നടത്തുന്നു എന്നിരിക്കട്ടെ വേറൊരാൾ ഇന്ന് സാധന ചെയ്യാൻ തുടങ്ങിയെന്നും ഇരിക്കട്ടെ രണ്ടുപേരുടെയും കഴിവ് ഒരേപോലെ ആയിരിക്കില്ലല്ലോ സാധന തുടങ്ങിയ ആൾ സാധനകളിലൂടെ സുദൂരം പുരോഗമിച്ച ആളെ അന്ധമായി അനുകരിച്ച് അയാളെപ്പോലെ പെരുമാറാൻ തുടങ്ങിയാൽ ഫലം നാശമായിരിക്കും അതിനാൽ ശ്രീകൃഷ്ണൻ പറയുന്നത് മറ്റൊരാളുടെ ഭംഗിയായി ആചരിക്കുന്ന ധർമ്മത്തെക്കാൾ ഗുണരഹിതമായിരുന്നാലും സ്വധർമ്മമാണ് ഒരാൾക്ക് കൂടുതൽ അഭികാമ്യം സ്വഭാവസിദ്ധമായ കർമ്മം ആചരിക്കാനുള്ള താൽപര്യമാണ് സ്വധർമ്മം തന്റെ കഴിവിനനുസരിച്ച് കർമ്മത്തിൽ തൽപ്പരനായാൽ ഇന്നല്ലെങ്കിൽ നാളെ പരമാത്മപ്രാപ്തി ഉണ്ടാകും സ്വധർമ്മം ആചരിക്കുന്നതിനിടയിൽ മരണം സംഭവിച്ചാൽ തന്നെ അത് ശ്രേയസ്കരമാണ് മരണശേഷം പുതിയ ശരീരം ലഭിക്കുമ്പോൾ അവിടെ നിന്ന് വീണ്ടും തുടങ്ങാമല്ലോ ആത്മാവിന് മരണമില്ല ശരീരം മാറിയാലും ബുദ്ധിയും വിചാരവും മാറുന്നില്ല മുമ്പിൽ പോയവരെ അനുകരിച്ചാൽ അത് ഭയത്തിനിടയാക്കും ഭയം പ്രകൃതിയിലേ ഉള്ളൂ പരമാത്മാവിലില്ല ഭയം പ്രകൃതിയുടെ ആവരണം കൂടുതൽ കട്ടിയുള്ളതാക്കും ഈ ഭഗവത് പഥത്തിൽ കപടവേഷധാരികൾ ധാരാളമുണ്ട് പൂജ്യപരമാനന്ദഗുരു ഒരിക്കൽ ഒരു അശരീരി കേട്ടു അനസൂയായിൽ പോയി പാർക്കാൻ അദ്ദേഹം ജമ്മുവിൽ നിന്ന് ചിത്രകൂടത്തിലെത്തി അനസൂയായിലെ കോര കടന്ന് പാർക്കാൻ തുടങ്ങി പല മഹാത്മാക്കളും അവിടെ വന്നു പോയിരുന്നു അക്കൂട്ടത്തിൽ ഒരാൾ ഒരിക്കൽ പൂജ്യപരമാനന്ദഗുരു നഗ്നനായി കഴിയുന്നത് കണ്ട് അടുത്തുകൂടി ആ നവസന്യാസി മഹാരാജിനെ അനുകരിച്ച് കൌപീനം ദൂരെ എറിയുകയും കമണ്ഡലവും ദണ്ഡവും മറ്റൊരു നവസന്യാസിക്ക് ദാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ സർവസംഗപരിത്യാഗിയായി പിന്നീട് അദ്ദേഹം സ്ഥലം വിട്ടു കുറെ കഴിഞ്ഞ് ഗുരുവിനെ സന്ദർശിക്കാനെത്തിയപ്പോൾ മഹാരാജിയെ മറ്റൊരു രൂപത്തിൽ കണ്ടു അനുയായികളെ ശാസിക്കുകയും ചിലപ്പോൾ പ്രഹരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ യുവസന്യാസി അതും അനുകരിക്കാൻ തുടങ്ങി പക്ഷേ ഒരു കുഴപ്പം ശാസനകൾ ഏൽക്കുന്നില്ല പലിശ സഹിതം തിരിച്ചു കിട്ടുന്നു വീണ്ടും പുറപ്പെട്ടു സഞ്ചാരത്തിനിടയിൽ ഒന്നു രണ്ടു വർഷം കഴിഞ്ഞ യുവസന്യാസി വീണ്ടും പൂജ്യപരമാനന്ദ ഗുരുവിന്റെ അന്തികത്തെത്തി അപ്പോൾ ഗുരുജിയെ കണ്ടത് മറ്റൊരു രൂപത്തിലായിരുന്നു പരമഹംസജി ഒരു മെത്തയിലിരിക്കുന്നു ശിഷ്യന്മാർ വിഷറി കൊണ്ടും ചാമരം കൊണ്ടും വീശുന്നു അതയാളെ ആകർഷിച്ചു യുവസന്യാസി വനത്തിന്റെ ഒരു മൂലയിൽ ഒരാശ്രമമുണ്ടാക്കി അതിൽ ഒരു സിംഹാസനം സ്ഥാപിച്ചു അതിൽ കുഷ്യൻ അവിടെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഇരുന്നരളിയ അദ്ദേഹം തന്നെ ചാമരം കൊണ്ട് വീശാൻ അനുയായികൾക്ക് നിർദ്ദേശം നൽകി തിങ്കളാഴ്ചതോറും ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ചടങ്ങ് തുടങ്ങി ആളുകൾ കൂടി നവദമ്പതികളെ അനുഗ്രഹിക്കുമ്പോൾ ആൺകുഞ്ചു വേണമെങ്കിൽ അൻപത് രൂപയും പെൺകുഞ്ഞിനാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയും നിരക്കേർപ്പെടുത്തി ഒരു മാസം പിടിച്ചു നിന്നു ഇതിനിടയിൽ അയാൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സന്യാസിയാണെന്ന് മനസ്സിലാക്കി ആളുകൾ ബഹളം കൂട്ടി യുവസന്യാസി എങ്ങോട്ടോ കടന്നു കളഞ്ഞു ഭഗവത് നക്കലിന് സ്ഥാനമില്ലെന്ന് ഈ ഉദാഹരണം തെളിയിക്കുന്നു സാധകൻ സ്വധർമ്മം അനുഷ്ഠിക്കെയാണ് ഉത്തമം എന്താണ് സ്വധർമ്മം രണ്ടാമധ്യായത്തിൽ സ്വധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ശ്രീകൃഷ്ണൻ സ്വധർമ്മം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ക്ഷത്രിയന്മാർക്ക് ഇതിനേക്കാൾ മംഗളകരമായ മറ്റൊരു കാര്യമില്ല സ്വധർമ്മമാണ് അർജുനനെ ക്ഷത്രിയനാക്കിയത് ബ്രാഹ്മണ്യം കുറെ ഉണ്ടെങ്കിലും അർജുനന് വേദങ്ങളിലെ ഉപദേശം ക്ഷുദ്രജലാശയത്തിന് തുല്യമായിരുന്നു വേദങ്ങൾക്കുപരി ഉയർന്ന് ബ്രാഹ്മണനാകണമെന്ന നിർദ്ദേശം സ്വധർമ്മത്തിന് മാറ്റം വരുത്താം എന്ന് സൂചിപ്പിക്കുന്നു രാഗദ്വേഷങ്ങൾക്ക് അധീനരാകരുത് സ്വധർമ്മം ശ്രേയസ്കരമാണെന്ന് ഉപദേശിച്ചതിന്റെ അർത്ഥം അർജുനൻ ബ്രാഹ്മണന്റെ വേഷഭൂഷകൾ ധരിച്ച് ഒരു ഇമിറ്റേഷൻ ബ്രാഹ്മണനാകണമെന്നതല്ല ഒരു കർമ്മപഥത്തെ തന്നെ നികൃഷ്ടം മധ്യമം ഉത്തമം അത്യുത്തമം എന്നിങ്ങനെ ട്ടുകളിലായി തിരിച്ചിരിക്കുകയാണ് മഹാപുരുഷന്മാർ ഈ തട്ടുകൾക്ക് സാധകന്മാർ ശൂദ്രൻ വൈശ്യൻ ക്ഷത്രിയൻ ബ്രാഹ്മണൻ എന്നീ പേരുകൾ നൽകി സ്വന്തം കഴിവിന് അനുസരണമായി ശൂദ്രൻ കർമ്മം ആരംഭിക്കുന്നു സാധനകളിലൂടെ അനുക്രമം മുന്നേറി ആ സാധകൻ തന്നെ ഒടുവിൽ ബ്രാഹ്മണനായിത്തീരുന്നു എന്നാൽ പരമാത്മാവിൽ പ്രവേശിക്കുമ്പോൾ ധകൻ വർണ്ണങ്ങൾക്കതീതനായിത്തീരുന്നു ന ബ്രാഹ്മണോ നക്ഷത്രീയഹ ന വൈശ്യഹോ ന ശൂദ്ര ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ് ചാതുർവർണ്ണയം മയാസൃഷ്ഠം എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ഉദ്ദേശിച്ചതും ഇതുതന്നെ അപ്പോൾ ജന്മത്തെ ആധാരമാക്കി മനുഷ്യവർഗത്തെ നാലായി തരംതിരിച്ചു എന്നാണോ അല്ലേ അല്ല ഗുണകർമ്മ വിഭാഗശഹ എന്ന് അടുത്ത വരിയിൽ തന്നെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മത്തെ വിഭജിച്ചു എന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഏത് കർമ്മത്തെ എന്ന് ശ്രീകൃഷ്ണൻ പ്രത്യേകം പറയുന്നുണ്ട് നിയതകർമ്മം എന്ന് വച്ചാൽ യജ്ഞപ്രക്രിയയാകുന്നു പ്രാണായാമം ഇന്ദ്രിയ സംയമം തുടങ്ങിയ യോഗസാധനകളുടെ ആചാരണമാണ് യോഗപ്രക്രിയ ആരാധ്യനായ പരമാത്മാവിൻ്റെ അടുത്ത് നമ്മെ എത്തിക്കുന്ന പൂജാവിധിയാണ് ഈ ആചരണം കർമ്മത്തെയാണ് നാലായി വിഭജിച്ചത് ഓരോരുത്തരുടെയും കഴിവും സംസ്കാരവും അനുസരിച്ചുള്ള ശ്രേണിയിൽ ഓരോരുത്തരും കർമ്മം ആരംഭിക്കുന്നു എല്ലാവർക്കും അവരവരുടെ ധർമ്മം ഉണ്ട് അതാണ് സ്വധർമ്മം നമ്മുടെ മുമ്പിൽ വളരെ ദൂരെ നിൽക്കുന്ന ആളെ നാം അന്ധമായി അനുകരിക്കുന്നത് അപകടകരമാണ് ഒരു ശ്രേണിയിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു തീർത്ത് അവയുടെ ബീജങ്ങൾ നശിച്ച ശേഷമേ അടുത്ത കർമ്മത്തിലേക്ക് കടക്കാവൂ അർഹതയില്ലാത്ത ശ്രേണിയിൽ കടന്നാൽ പ്രകൃതിയുടെ സമ്മർദ്ദത്താൽ ഭയാക്രാന്തനും ദീനനും ഹീനനുമൊക്കെ ആയിപ്പോകും നഴ്സറി ക്ലാസ്സിൽ പഠിക്കേണ്ട കൊച്ചുകൂട്ടികൾ എം എ ക്ലാസിൽ ചെന്നിരുന്ന് പഠിക്കാൻ തുടങ്ങിയാൽ എന്താവും ഫലം എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ അർജുനന് ഒരു സംശയം എന്താണീ മനുഷ്യർ സ്വധർമ്മം ആചരിക്കാൻ കൂട്ടാക്കാത്തത് അർജുന ഉവാച്ച പ്രയുക്ാതിനിച്ഛ ബലാദിവേ ശ്രീകൃഷ്ണ ആളുകൾ ആഗ്രഹിക്കാതെ തന്നെ ആരോ ബലാൽക്കാരമായി ചെയ്യിപ്പിക്കുന്നത് പാപം ആചരിക്കുന്നത് എന്തുകൊണ്ട് യോഗേശ്വരൻ ഇതിന് സമാധാനം പറയുന്നു ശ്രീ ഭഗവാൻ ഉവാച്ചോധേഷ രജോ ഗുണസമുദ്ഭവ അർജുന രജോ ഗുണത്തിൽ നിന്നും ഉണ്ടായ കാമവും ക്രോധവും എന്ത് കിട്ടിയാലും തൃപ്തനാകാത്ത അഗ്നിയെപ്പോലെ ഭോഗാനുഭവത്തിൽ ഒരിക്കലും തൃപ്തി വരാത്ത നേരത്തെ ചർച്ച ചെയ്ത രാഗദ്വേഷങ്ങൾക്ക് പൂരകങ്ങളാണിവ രണ്ടും കാമത്തെയും ക്രോധത്തെയും ശത്രുക്കളെപ്പോലെ കരുതണം ഇവയുടെ ദുഷ്പ്രഭാവത്തെപ്പറ്റി വിവരിക്കുന്നു യഥാദർശോ ഗർഭ പുക കൊണ്ട് തീയും പൊടികൊണ്ട് കണ്ണാടിയും മറുപിള്ള കൊണ്ട് ഗർഭവും ആവരണം ചെയ്യപ്പെടുന്നത് പോലെ കാമക്രോധാതി വികാരങ്ങളാൽ ജ്ഞാനവും മറയ്ക്കപ്പെടുന്നു നനഞ്ഞ വിറക് കത്തിക്കുമ്പോൾ വർദ്ധിച്ച തോതിൽ പുക പുറപ്പെടും തീ പിടിച്ചാൽ തന്നെ അത് ആളി കത്തുകയുമില്ല പൊടികേറി മങ്ങിയ കണ്ണാടിയിൽ പ്രതിബിംബം സ്പഷ്ടമാവുകയില്ല പാടകൊണ്ട് ഗർഭസ്ഥ ആവരണം ചെയ്യപ്പെടുന്നു വികാരങ്ങൾ പരമാത്മജ്ഞാനത്തെ മറയ്ക്കുന്നതും ഇപ്രകാരമത്രെ ആവൃതം ോ നിത്യവൈരി അർജുന എന്ത് കിട്ടിയാലും ചുട്ടുകരിക്കുന്ന അഗ്നി പോലെ ഭോഗങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാത്തതും ജ്ഞാനികളുടെ നിത്യശത്രുവായ കാമത്താൽ ജ്ഞാനം മറയ്ക്കപ്പെടുന്നു കാമവും ക്രോധവും രണ്ട് ശത്രുക്കളാണെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞുകഴിഞ്ഞു പ്രസ്തുത ശ്ലോകത്തിൽ കാമം എന്ന മുഖ്യശത്രുവിന്റെ പേര് മാത്രമേ എടുത്തു വാസ്തവത്തിൽ കാമത്തിൽ ക്രോധവും ഉൾപ്പെട്ടിരിക്കെയാണ് കാര്യം സാധിച്ചാൽ ക്രോധം കെട്ടടങ്ങും എന്നാൽ കാമം പിന്നെയും നിലനിൽക്കും കാമങ്ങൾക്ക് തടസ്സമുണ്ടാകുമ്പോൾ ക്രോധം പിന്നെയും ഉയർന്നുവരും കാമത്തിനുള്ളിൽ ക്രോധം ഒളിച്ചിരിക്കെയാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാമം എന്ന മുഖ്യ ശത്രു എവിടെയാണ് സ്ഥിതി ഇവനെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് ആവാസസ്ഥാനം അറിവായാൽ വേരോട് നശിപ്പിക്കാൻ സൗകര്യമാകും ഇതിനെപ്പറ്റി ശ്രീകൃഷ്ണൻ പറയുന്നു ഇന്ദ്രിയോ ൃത്യദേഹിനമത്തിന്റെ ആവാസസ്ഥാനം ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് ഇത് മനോബുദ്ധിന്ദ്രിയങ്ങളിലൂടെ ജ്ഞാനത്തെ മറച്ച് ജീവാത്മാവിനെ മോഹിപ്പിക്കുന്നു തസ് ത്വമ്യാദോ നിയമ്യ ഭര പാപ്മാനം പ്രജഹിയേനം ജ്യാനവിജ്ഞാനം അതുകൊണ്ട് അർജുന നീ ആദ്യമായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്തെന്നാൽ ശത്രു അവയ്ക്കകത്ത് ഒളിച്ചു കഴിയുകയാണ് അവ ശരീരത്തിനകത്തും വെളിയിൽ അന്വേഷിച്ചാൽ കിട്ടുകയില്ല ഇത് ഹൃദയദേശത്തിലെ അന്തർജകത്തിലെ യുദ്ധമാണ് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് വേണം ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന കാമം എന്ന ഈ പാപിയെ സംഹരിക്കാൻ കാമം പെട്ടെന്ന് പിടി അതുകൊണ്ട് വികാരങ്ങളുടെ നിവാസസ്ഥാനത്തെ തന്നെ ഖെറാവോ ചെയ്യണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും വേണം എന്നാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ സാമർഥ്യം മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണൻ അർജുന ഈ ശരീരത്തെക്കാൾ സൂക്ഷ്മവും ബലവത്തുമാണ് ഇന്ദ്രിയങ്ങളെന്നറിയുക ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മതരവും ബലവത്തുമാണ് മനസ്സ് മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് നിന്റെ ആത്മാവ് അതിനാൽ ക്രമേണ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കീഴടക്കുന്ന കാര്യത്തിൽ നീ ബദ്ധശ്രദ്ധനാവുക ഇങ്ങനെ ബുദ്ധിയേക്കാൾ സൂക്ഷ്മവും ബലവത്തും ആണ് ആത്മാവെന്ന് മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കി കാമരൂപിയായ ദുർജയ ശത്രുവിനെ കീഴടക്കുക ഈ ശത്രു ഇന്ദ്രിയങ്ങൾ വഴി ആത്മാവിനെ മോഹിപ്പിക്കുന്നു കാമം ആന്തരിക ശത്രുവാണെന്നും യുദ്ധം ഉള്ളിലാണ് നടക്കേണ്ടതെന്നും പ്രത്യേകം പറയേണ്ടതില്ലോ നിഷ്കർഷം ഗീതാപ്രേമികളായ വ്യാഖ്യാതാക്കൾ ഈ അധ്യായത്തിന് കർമ്മയോഗമെന്നാണ് പേര് നൽകിയിട്ടുള്ളത് എന്നാൽ ഇതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല യോഗേശ്വരൻ രണ്ടാം അധ്യായത്തിലാണ് കർമ്മം എന്ന പേര് നിർദ്ദേശിച്ചതും അതിന്റെ മഹത്വം വിശദീകരിച്ച് കർമ്മജിജ്ഞാസ ഉണർത്തിയതും ഈ മൂന്നാം അധ്യായത്തിൽ യജ്ഞപ്രക്രിയയാണ് കർമ്മമെന്ന് നിർവചിക്കുകയാണുണ്ടായത് യജ്ഞത്തിന്റെ നിയതവിധികൾക്കപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ബന്ധനത്തിനെ ഇടയാക്കും എന്നാൽ ശ്രീകൃഷ്ണൻ നിർദ്ദേശിച്ച രീതിയിലുള്ള കർമ്മം അനുഷ്ഠിച്ചാൽ സംസാര ബന്ധനത്തിൽ നിന്ന് അതു നമ്മെ മോചിപ്പിക്കും ശ്രീകൃഷ്ണൻ യജ്ഞത്തിന്റെ ഉൽപ്പത്തി അതിന്റെ സവിശേഷതകൾ എന്നിവ വിശദീകരിച്ചിട്ട് ഇതിനെ അവഗണിക്കുന്നവർ പാപിഷ്ടരും ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ രസിക്കുന്നവരും വ്യർത്ഥ ജീവിതം നയിക്കുന്നവരുമാണെന്ന് സമർത്ഥിച്ചു പുരാതന മഹർഷീശ്വരന്മാർ അത്തരം കർമ്മം ചെയ്ത് നൈഷ്യകർമ്മസിദ്ധി നേടിയിരുന്നു ആത്മതൃപ്തരായ അവർക്ക് പിന്നെ കർമ്മം ചെയ്യേണ്ടതായിട്ടില്ല എങ്കിലും പിന്നാലെ വരുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ മാതൃകാപരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവർ ജീവിതം നയിക്കുകയാണുണ്ടായത് ആ മഹാപുരുഷന്മാരുമായി ശ്രീകൃഷ്ണൻ സ്വയം തുലനം ചെയ്യുകയും താനും കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും പിന്നാലെ വരുന്നവർക്ക് വേണ്ടി കർമ്മം ചെയ്യുകയാണെന്നറിയിക്കുകയും ചെയ്തു ാനും ശരിയായ അളവിൽ ഒരു യോഗി തന്നെ എന്നദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു അദ്ദേഹം കർമ്മത്തിൽ മുഴുകുന്ന സാധകന്മാർ ഇടയ്ക്കിടയ്ക്ക് കർമ്മത്തിൽ നിന്നും പിന്തിരിയരുതെന്നും ഉപദേശിച്ചു എന്തെന്നാൽ നിരന്തരം കർമ്മനിരതരായാലേ ലക്ഷ്യപ്രാപ്തി കൈവരൂ സാധകൻ ധ്യാനസ്ഥനായി നടത്തേണ്ട ആന്തരിക യുദ്ധമാണിത് കണ്ണുംപൂട്ടി ഇന്ദ്രിയങ്ങൾ അടക്കി ചിത്തം നിരോധിച്ച് ബാഹ്യയുദ്ധം ചെയ്യുന്നതെങ്ങനെ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും ഇല്ലാതെ ബാഹ്യമായ യുദ്ധം ചെയ്യാനാവുമോ ഈ വിജാതീയ പ്രവൃത്തികളെ കീഴടക്കുന്നതാണ് ശരിയായ യുദ്ധം ആസുരസമ്പത്തായ കുരുക്ഷേത്രത്തിലെ വിജാതീയ വൃത്തികളെ യുദ്ധവിജയം ധ്യാനസ്ഥനായിട്ട് നടത്തേണ്ട യുദ്ധമാണിത് ഇതാണ് ഈ അധ്യായത്തിന്റെ സാരം ഇവിടെ കർമ്മത്തിനോ ജ്ഞാനത്തിനോ അല്ല യുദ്ധവിജയത്തിനാണ് ഊന്നൽ യജ്ഞത്തെപ്പറ്റി ചിന്തിച്ചാൽ കർമ്മത്തെപ്പറ്റിയും ചിന്തിച്ചു പോകും കർമ്മത്തിന്റെ അപ്പുറം കടക്കാനുള്ള ഉപദേശമാണ് ഈ അധ്യായത്തിൽ പ്രധാനം ഈ അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞനായ മഹാപുരുഷന്റെ പ്രശിക്ഷണത്തെപ്പറ്റിയാണ് പരാമർശിച്ചത് ഗുരുജനങ്ങൾക്കുള്ള നിർദ്ദേശമാണിതിൽ അടങ്ങിയിരിക്കുന്നത് മഹാപുരുഷന്മാർക്ക് കർമ്മം ചെയ്താൽ നേട്ടമോ ചെയ്തില്ലെങ്കിൽ ദോഷമോ ഉണ്ടാകില്ല എന്നാൽ സാധകന്മാർ യജ്ഞരൂപത്തിലുള്ള കർമ്മം ചെയ്തേ മതിയാവൂ പക്ഷേ എന്താണ് യജ്ഞത്തിന്റെ സ്വരൂപമെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല രണ്ടാം അധ്യായത്തിൽ ശരീരം നശ്വരമാകയാൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞു തുടർന്ന് ക്ഷത്രിയർക്ക് നന്മയ്ക്കുള്ള ഒരേയൊരു മാർഗം യുദ്ധമാണെന്നും അറിയിച്ചു ജയിച്ചാലും തോറ്റാലും നേട്ടമാണെന്ന ജ്ഞാനയോഗ സിദ്ധാന്തവും ഒപ്പം അവതരിപ്പിച്ചു ഇങ്ങനെ മൂന്നാം അധ്യായത്തിൽ പറഞ്ഞ ശേഷം അടുത്ത നാലാം അധ്യായത്തിൽ യോഗസ്ഥനായി ഉള്ളിലെ സംശയത്തെ ജ്ഞാനകണ്ഡം കൊണ്ട് മുറിച്ചു തള്ളാൻ ഉപദേശിക്കുന്നു അഞ്ചു മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിൽ യുദ്ധത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല പതിനൊന്നാം അധ്യായത്തിൽ താൻ ശത്രുവിനെ നേരത്തെ കൊന്നുകഴിഞ്ഞുവെന്നും അർജുനൻ ഒരു നിമിത്തം മാത്രമായാൽ മതിയെന്നും ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ സംസാരം വേരുറച്ച ആൽമരമാണെന്നും അതിനെ നിസംഗത എന്ന ആയുധം കൊണ്ട് മുറിച്ചിടണമെന്നും എന്നിട്ട് പരമപദം തേടണമെന്നും ശ്രീകൃഷ്ണൻ നിർദ്ദേശം നൽകുന്നു അടുത്ത അധ്യായത്തിലും യുദ്ധത്തെപ്പറ്റി പരാമർശമില്ല നരകത്തിലേക്ക് ഗമിക്കുന്ന അസുരന്മാരുടെ ചിത്രീകരണമാണിവിടെയുള്ളത് അപ്പോൾ ഈ മൂന്നാം അധ്യായമാണ് യുദ്ധകാര്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വന്നുകൂടുന്നു മുപ്പതാം ശ്ലോകം മുതൽ അവസാനം വരെയുള്ള പതിമൂന്ന് ശ്ലോകങ്ങളിൽ യുദ്ധത്തിന്റെ സ്വരൂപവും അതിൻ്റെ അനിവാര്യതയും യുദ്ധം ചെയ്യാത്തവർക്ക് വന്നു ദുരന്തവും യുദ്ധത്തിൽ നശിക്കുന്ന ശത്രുക്കളുടെ വിവരവും മുഴുവൻ കഴിവും ഉപയോഗിച്ച് പോരാടാനുള്ള ആഹ്വാനവും മറ്റും അടങ്ങിയിരിക്കുന്നു ഇവിടെ ശത്രുവിന്റെ ആന്തരിക സ്വരൂപം സ്പഷ്ടമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഓം തത്സതി ശ്രീമദ്ഭഗവദ്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ ശത്രുവിനാശപ്രേരണ നാമ തൃതീയോ അധ്യായ ഓം ബ്രഹ്മം സത്യം ഇങ്ങനെ ഉപനിഷത്ത് സാരഭൂതവും ബ്രഹ്മവിദ്യമയവും യോഗശാസ്ത്രവിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ ശത്രുവിനാശപ്രേരണ എന്ന മൂന്നാം അധ്യായം തീർന്നു ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദ ശിഷ്യ സ്വാമി അഡഗഡാനന്ദ്രീമദ്ഭഗവത്ഗീത യഥാർത്ഥഗീതാഷ്യേ ശത്രുവിനാശപ്രേരണ നാമ തൃതീയോ അധ്യായ ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥഗീത എന്ന ശ്രീമദ്ഭഗവത്ഗീതാഭാഷ്യത്തിൽ ശത്രുവിനാശ പ്രേരണ എന്ന മൂന്നാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഹരി ഓം തത്സ